അധ്യായം ഇരുപത് എന്നാൽ ബെന്യാമീനായി ബിക്രയുടെ മകനായ ഷേബ എന്നു പേരുള്ള ഒരു നീച്ചൻ അവിടെ ഉണ്ടായിരുന്നു അവൻ കാഹളമൂതി ദാവിദിങ്കൽ നമുക്ക് ഓഹരിയില്ല ഇഷായിയുടെ മകങ്കൽ അവകാശവുമില്ല ഇസ്രയേലെ നിങ്ങൾ വീട്ടിലേക്ക് പൊയ്ക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു അപ്പോൾ ഇസ്രയേലൊക്കെയും ീദിനെ വിട്ട് പിന്മാറി ബിക്രയുടെ മകനായ ശേബയുടെ പക്ഷം ചേർന്നു യഹൂദാ പുരുഷന്മാരോ യോർദാൻ തുടങ്ങി യെരുശലേം വരെ തങ്ങളുടെ രാജാവിനോട് ചേർന്ന് നടന്നു ദാവീദ് യെരുശലേമിൽ അരമനയിലെത്തി അരമന സൂക്ഷിപ്പാൻ പാർപ്പിച്ചിരുന്ന പത്തു വെപ്പാട്ടികളെയും രാജാവ് അന്തപ്പുരത്തിലാക്കി രക്ഷിച്ചു എങ്കിലും അവരുടെ അടുക്കൽ ചെന്നില്ല അങ്ങനെ അവർ ജീവപര്യന്തം കാവലിലിരുന്ന് വൈധവ്യം ആചരിച്ചു അനന്തരം രാജാവ് അമാസയോട് നീ മൂന്ന് ദിവസത്തിനകം യഹൂദ പുരുഷന്മാരെ വിളിച്ചു അവരുമായി ഇവിടെ വരിക എന്ന് പറഞ്ഞു അങ്ങനെ അമാസ യഹൂദാ പുരുഷന്മാരെ വിളിച്ചുകൂട്ടുവാൻ പോയി എന്നാൽ കൽപ്പിച്ച അവധിയിലധികം അവൻ താമസിച്ചുപോയി എന്നാറേ ദാവീദ് അബിഷായിയോട് അബ്ചാലോം ചെയ്തതിനേക്കാളും ബിക്രിയുടെ മകനായ ഷേബ ഇപ്പോൾ നമുക്ക് അധികം ദോഷം ചെയ്യും അവൻ ഉറപ്പുള്ള വല്ല പട്ടണത്തിലും കടന്ന് നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കേണ്ടതിന് നീ നിന്റെ യജമാനന്റെ ചേവകരെ കൂട്ടിക്കൊണ്ട് അവനെ പിന്തുടരുക എന്ന് പറഞ്ഞു അങ്ങനെ യോവാബിന്റെ ആളുകളും ക്രേത്യരും പ്ലേത്യരും സകല വീരന്മാരും ബിക്രിയുടെ മകനായ െ പിന്തുടരുവാൻ യെരുശലമിൽ നിന്ന് പുറപ്പെട്ടു അവർ ഗിബയോനിലെ വലിയ പാറയുടെ അടുക്കൽ എത്തിയപ്പോൾ അമാസ അവർക്കെതിരെ വന്നു എന്നാൽ യോവാബ് ധരിച്ചിരുന്ന പടയങ്കി ഒരു കച്ചയിൽ ഉറയോടുകൂടെ ഒരു വാൾ അരയ്ക്ക് കെട്ടിയിരുന്നു അവൻ നടക്കുമ്പോൾ അത് വീണുപോയി യോവാബ് അമാസയോട് സഹോദര സുഖം തന്നെയോ എന്നു പറഞ്ഞു അമാസയെ ചുംബനം ചെയ്യുവാൻ വലത്ത് കൈകൊണ്ട് അവന്റെ താടിക്ക് പിടിച്ചു എന്നാൽ യോവാബിന്റെ കയ്യിൽ വാളിരിക്കുന്നത് അമാസ സൂക്ഷിച്ചില്ല യോവാബ് അവനെ അതുകൊണ്ട് വയറ്റത്തു കുത്തി കുടൽ ചോർത്തിക്കളഞ്ഞു രണ്ടാമത് കുത്തണ്ടി വന്നില്ല അവൻ മരിച്ചുപോയി യോവാബും അവന്റെ സഹോദരനായ അബിഷായിയും ബിക്രയുടെ മകനായ ശേബയെ പിന്തുടരുന്നു യോവാബിന്റെ ബാല്യക്കാരിൽ ഒരുത്തൻ അതിനരികെ നിന്നുകൊണ്ട് യോവാബിനോട് ഇഷ്ടമുള്ളവനും ദാവീദിന്റെ പക്ഷക്കാരനും യോവാബിന്റെ പിന്നാലെ ചെല്ലട്ടെ എന്ന് പറഞ്ഞു അമാസ വഴി രക്തത്തിൽ മുഴുകി കിടന്നതുകൊണ്ട് ജനമൊക്കെയും നിൽക്കുന്നു എന്ന് കണ്ടിട്ട് അവൻ അമാസയെ വഴിയിൽ നിന്ന് വയലിലേക്ക് മാറ്റി അവിടെ എത്തുന്നവനെല്ലാം നിൽക്കുന്നു എന്ന കാണ കൊണ്ട് അവനൊരു വസ്ത്രം അവന്റെ മേൽ ഇട്ടു അവനെ പെരുവഴിയിൽ നിന്ന് മാറ്റിയ ശേഷം എല്ലാവരും ബിക്രയുടെ മകനായ ഷേബയെ പിന്തുടരുവാൻ യോവാബിന്റെ പിന്നാലെ പോയി എന്നാൽ ഷേബ എല്ലാ ഇസ്രയേൽ ഗോത്രങ്ങളിലും കൂടി കടന്ന് ആബേലിലും ബേത്മാഖയിലും എല്ലാ ബേരിയരുടെ അടുക്കലും ചെന്നു അവരും ഒന്നിച്ചുകൂടി അവന്റെ പിന്നാലെ ചെന്നു മറ്റവർ വന്ന് ക്കയോട് ചേർന്ന ആബേലിൽ അവനെ നിരോധിച്ചു പട്ടണത്തിനു നേരെ വാടകോരി അത് കിടങ്ങിന്റെ വക്കത്തായിരുന്നു യോവാബിനോട് കൂടെയുള്ള എല്ലാ പടജനവും മതിൽ തള്ളിയിടുവാൻ തക്കവണ്ണം ഇടിച്ചു തുടങ്ങി അപ്പോൾ ജ്ഞാനമുള്ള ഒരു സ്ത്രീ കെൾപ്പീൻ കെൾപ്പീൻ ഞാൻ യോവാബിനോട് സംസാരിക്കേണ്ടതിന് ഇവിടെ അടുത്തുവരുവാൻ അവനോട് പറവീനെന്ന് പട്ടണത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു അവൻ അടുത്തു ചെന്നപ്പോൾ നീ യോവാന്ന് ആ സ്ത്രീ ചോദിച്ചു അതെയെന്ന് അവൻ പറഞ്ഞു അവളവനോട് അടിയന്റെ വാക്ക് കേൾക്കണമേ എന്ന് പറഞ്ഞു ഞാൻ കേൾക്കാമെന്ന് അവൻ പറഞ്ഞു എന്നറിയ അവൾ ആബേലിൽ ചെന്ന് ചോദിക്കണമെന്ന് പണ്ടൊക്കെ പറയുകയും അങ്ങനെ കാര്യം തീർക്കുകയും ചെയ്യുക പതിവായിരുന്നു ഞാൻ ഇസ്രയേലിൽ സമാധാനവും വിശ്വസ്തയുമുള്ളവരിൽ ഒരുത്തിയാകുന്നു നീ ഇസ്രയേലിൽ ഒരു പട്ടണത്തെയും ഒരു മാതാവിനെയും നശിപ്പാൻ നോക്കുന്നു നീ യഹോവയുടെ അവകാശം മുടിച്ചുകളയുന്നത് എന്തെന്ന് പറഞ്ഞു അതിന് യോവ മുടിച്ചു കളയോ നശിപ്പിക്കുകയോ ചെയ്യുവാൻ എനിക്കൊരിക്കലും സംഗതിയാകരുതേ കാര്യം അങ്ങനെയല്ല ബിക്രിയുടെ മകനായ ഷേബ എന്നൊരു യഫ്രീം മലനാട്ടുകാരൻ ദാവിദരാജാവിനോട് മത്സരിച്ചിരിക്കുന്നു അവനെ ഏൽപ്പിച്ചു തന്നാൽ മാത്രം മതി ഞാൻ പട്ടണത്തെ വിട്ടുപോകുമെന്ന് പറഞ്ഞു സ്ത്രീ യോവാബിനോട് അവന്റെ തല മതിലിന്റെ മുകളിൽ നിന്ന് നിന്റെ അടുക്കൽ ഇട്ടുതരും എന്ന് പറഞ്ഞു അങ്ങനെ സ്ത്രീ ചെന്ന് തന്റെ ജ്ഞാനത്താൽ സകല ജനത്തെയും സമ്മതിപ്പിച്ചു അവർ ബിക്രിയുടെ മകനായ ഷേബയുടെ തലവെട്ടി ോവാബിന്റെ അടുക്കൽ ഇട്ടുകൊടുത്തു അപ്പോൾ അവൻ കാഹ്ളമൂതി എല്ലാവരും പട്ടണം വിട്ട് വീടുകളിലേക്ക് പോയി യോവാബ് യെരുശലേമിൽ രാജാവിന്റെ അടുക്കൽ മടങ്ങിപ്പോയി യോവാബ് ഇസ്രയേൽ സൈന്യത്തിനൊക്കെയും അധിപതിയായിരുന്നു യഹോയാദയുടെ മകനായ ബനായാവ് ക്രേത്യരുടെയും പ്ലേത്തിയരുടെയും നായകനായിരുന്നു അദോരാ ഊഴിയവേലക്കാർക്ക് മേൽവിചാരകൻ അഹുലീദിന്റെ മകനായ യെഹോ ഷഫാത്ത് മന്ത്രി ഷെവ രാസക്കാരൻ സാദൂക്കും അബ്യാധാരും പുരോഹിതന്മാർ യായിരനായ ഈരയും ദാവീദിന്റെ പുരോഹിതൻ ആയിരുന്നു